നമ്മള് കഴിഞ്ഞ ആഴ്ച രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു രക്ഷിക്കപ്പെടും എന്ന ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നാം യോചത്തിൽ ചിന്തിക്കുകയുണ്ടായി നമ്മൾ വാക്യം പറഞ്ഞതുപോലെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു എന്ന ഒരു കാര്യം അത് നമ്മളിപ്പോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും ലോകത്തിൽ നിന്ന് നമ്മുടെ സ്വയത്തിൽ നിന്ന് വിശാഖ തന്ത്രങ്ങളിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഒരു സമയത്ത് നാം ഈ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒക്കെ പൂർണ്ണമായിട്ടും നാം മാറി നാം രക്ഷിക്കപ്പെടും ആ ദൈവം നമ്മെ കത്താവിൻ്റെ സാന്നിധ്യയിലേക്ക് ചേർക്കും അപ്പൊ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ള ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചിലവൊക്കെ പോലെയായിട്ട് നമ്മുടെ ഇടയിൽ വരികയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ആ രീതിയിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ തന്നെ നമ്മൾ വീണ്ടും ചിന്തിക്കണം എന്നാണ് താല്പര്യപ്പെടുന്നത് നമ്മള് രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷിക്കപ്പെടാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ദൈവജനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് രക്ഷിക്കപ്പെടാനായിട്ട് മാനസാന്തരം വിശ്വാസം പിന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാലാണ് നമ്മുടെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാകുന്നത് അപ്പോ നമുക്ക് രക്ഷിക്കപ്പെടുമ്പോ നമ്മുടെ ഉള്ളത്തിൽ സംഭവിക്കുന്നത് അനുതാപം മാനസാന്തരം വിശ്വാസത്തോടുകൂടി മുഖത്തേക്ക് നോക്കുന്നു ആദ്യം തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു ക്രിയ ചെയ്യും നമ്മൾ തുടർന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴും ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ തുടരണം നമ്മള് ഇന്നത്തെ നമ്മുടെ ചുറ്റിനും കാണുന്ന പല പ്രവ സ്ഥലങ്ങളിലും കൈസ്തവ ലോകത്ത് അവര് പലപ്പോഴും ചിലർ ഇങ്ങനെ പറയാറുണ്ട് നീ എത്ര നിളച്ചനായ പാവിയാണെങ്കിലും ക്രൂശ്യങ്കിലേക്ക് വരിക ക്രൂശ്യങ്കിലേക്ക് വരിക വിശ്വസിക്കുക നീ രക്ഷിക്കപ്പെടൂ സമാധാനത്തോടെ പോവുക പലപ്പോഴും മാനസാന്തരത്തെ കുറിച്ച് പറയാറില്ല സ്പർശിക്കാറില്ല വിശ്വസിക്കുക ക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഇടംപരം അപ്പൊ നമുക്ക് നാം മാനസാന്തരപ്പെടുക വിശ്വസിക്കുക ഈ രണ്ട് പടികളാണ് യേശുക്സു വെച്ചിട്ടുള്ളത് അപ്പൊ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രവൃത്തി തുടങ്ങുന്നു അപ്പൊ നമ്മുടെ തുടർന്നുള്ള പ്രസ്തീയ ജീവിതത്തിലും ഈ കാര്യം തന്നെ നമുക്ക് സംഭവിക്കണം നമ്മുടെ തുടർന്നുള്ള പ്രസ്തീക ജീവിതത്തിലും നമുക്ക് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തുടർമാനമായ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വേണം അതുപോലെ തന്നെ നമുക്ക് തുടർമാനമായ വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ വേണം നമുക്ക് തുടർമാനമായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കുകയും നാം നമ്മെ തന്നെ വിജയപ്പെടുത്തി കൊടുക്കണം തുടർമാനമായി പരിശുദ്ധാത്മാവിന്റെ ഒരു ആരംഭത്തിലുള്ള ഒരു പ്രവൃത്തി മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ആ പരിശുദ്ധാത്മാവിന്റെ നയിക്കപ്പെട്ട് നാം പോവുകയും നമുക്ക് നമുക്ക് ചെയ്യണം അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് നമുക്ക് കർത്താവാണ് വന്ന് ചേർക്കുന്നത് എന്നാൽ നമുക്ക് ഇവിടെ ഈ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ഇനീഷ്യൽ രക്ഷിക്കപ്പെട്ട കാര്യം തന്നെ തുടർന്ന് മാനസാന്തരവും വിശ്വാസവും ദശാതമാന്റെ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി അപ്പോ ചിലര് നമ്മള് കേന്ദ്രമുണ്ട് ചിലര് പറയും ഞാൻ ഞാൻ ഇന്ന വർഷം രക്ഷിക്കപ്പെട്ടു അപ്പൊ അത് കഴിഞ്ഞാൽ പലപ്പോഴും മാനസാന്തരപ്പെടണമെന്ന് പറയുന്നത് ചില ഇടങ്ങളിൽ ആളുകൾ മറ്റുള്ളവരെ നോക്കി ഓ പാപയെ നീ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നു പക്ഷേ ഞാൻ മാനസാന്തരപ്പെടണം എനിക്ക് തുടർമാനമായ ഒരു മാനസാന്തരം വേണം എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറില്ല അല്ലെങ്കിൽ ഞാൻ തുടർമാരമായിട്ട് ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് വേണം എനിക്ക് യാത്ര നമ്മള് വിശ്വാസനായകനേശുവെ നോക്കി എനിക്ക് അങ്ങനെ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തന എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സത്യം അങ്ങനെയാണ് എനിക്ക് രക്ഷ വന്നത് കർത്താവെങ്കിലേക്ക് ഒരു പാപ്യബോധം വന്നത് എന്നാൽ തുടർമാനുമായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് എനിക്ക് ആവശ്യമാണ് കർത്താവെ അങ്ങനെയാണ് ഈ രക്ഷിക്കപ്പെടായി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുക അപ്പോ ഞാന് ഈ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇവിടെയുള്ള പലരും നമുക്ക് വന്നെ തന്നെ ശോധന ചെയ്യുന്നതിനായിട്ട് പല ദൈവ വചനങ്ങൾ നമുക്ക് എല്ലാ വാക്യങ്ങളും നമുക്ക് ബൈബിൾ തുറന്ന് ചിലപ്പോൾ എടുത്ത് വായിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ചില സ്ലൈഡ്സ് ആയിട്ട് വാക്യങ്ങൾ ചിലതൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും പെട്ടെന്ന് ഈ വാക്യങ്ങൾ വായിക്കാം അപ്പോൾ യഥാർത്ഥത്തിലുള്ള മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുക അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന കാര്യങ്ങൾ ഞാൻ പല ദൈവ വചനവാക്യങ്ങളിലൂടെ നമുക്ക് കാണിക്കുക കാണുകയും അപ്പൊ തന്നെ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം കർത്താവെ ഞാൻ യഥാർത്ഥത്തിൽ ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ കർത്താവെ അങ്ങനെ അല്ലെങ്കിൽ നമുക്കിന്ന് നാം മനസ്സിലെട്ട വിശ്വാസത്തോട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ കുറെ നാളുകൾ എന്റെ യാത്രയിൽ കർത്താവ് എനിക്ക് ഇപ്പോ ഈ രക്ഷയുടെ രക്ഷന്റെ പ്രവൃത്തി എന്നിൽ വേണ്ടവെണ്ണം നടക്കാതെ ഇരിക്കുന്നോ കർത്താവ് എന്ന് നമ്മെ തന്നെ നാം ശോധന ചെയ്യണം അങ്ങനെ ആ രീതിയിൽ ഇതിനായിട്ട് പ്രശ്നത്മാവിന്റെ പ്രവൃത്തിക്കും അതിനായിട്ട് ആ രീതിയിൽ കർത്താവ് എന്നിൽ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ശോധന ചെയ്യാനായിട്ടും നമുക്ക് ഈ സമയത്തെ നമുക്ക് ഉപയോഗിക്കാം ഞാൻ നമുക്ക് എഴുതാത്ത അടിസ്ഥാനം എന്ന പുസ്തകം വേവർ എഴുതിയോ ഇളകാത്ത അടിസ്ഥാനം എന്ന പുസ്തകം നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഈ മനസാന്തരം വിശ്വാസം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് വാക്യങ്ങളും ഒക്കെ എടുത്തിരിക്കുന്നത് ആ പുസ്തകത്തിൽ റെഫർ ചെയ്തിട്ടാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതാണ് ഈ വാക്യങ്ങളെല്ലാം നമുക്ക് വായിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ചിലപ്പം നിങ്ങൾ ആ വാക്യങ്ങളൊക്കെ കുറിച്ചെടുക്കുന്നതും നിങ്ങൾക്ക് വീട്ടിൽ പോയി അത് വായിക്കാനായിട്ട് സമയമെടുക്കുന്നതും നല്ലതാണ് നിങ്ങൾക്കിപ്പോൾ അത് കുറിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ദേവീത് നിങ്ങൾക്ക് ഇളരാത്ത അടിസ്ഥാനം എന്ന് പറഞ്ഞ പുസ്തകം നിങ്ങളൊരു കോപ്പി വാങ്ങി ഈ വാക്യങ്ങളൊക്കെ പിന്നീട് അത് വായിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ എഴുതുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ഉറക്കം വരാതെ നമുക്ക് ഇരിക്കുകയും ചെയ്യാം നമുക്ക് ആദ്യം നമുക്ക് മനസാന്തരം റിപ്പൻറ്റൻസ് എന്ന് പറയുന്ന ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് നിന്ന് ചില വാക്യങ്ങൾ നമുക്ക് നോക്കുകയും നമുക്ക് വായിക്കുകയും ചെയ്യാം മർക്കോസ് ഒന്നിന്റെ പതിനഞ്ച് മർക്കോസ് ഒന്നിന്റെ പതിനഞ്ചാം വാക്യത്തിൽ നമ്മള് സുശേഷങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ സുശേഷങ്ങൾ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു മാനസാന്തരം പ്രസംഗിച്ചു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും എന്നാണ് നമ്മൾ മർക്കോസ് ഒന്നിന്റെ പതിനഞ്ചിൽ യേശു ക്രിസ്തു സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് യേശു പറഞ്ഞു നമ്മുടെ ശിഷ്യന്മാരെ അത് കഴിഞ്ഞ അവര് സംസാരിക്കാനും പ്രസംഗിക്കാനും ഒക്കെ തുടങ്ങിയപ്പോ അവരും എന്താ പറഞ്ഞത് പൊസൽ പ്രവൃത്തിയിൽ ഇരുപതിന്റെ ഇരുപത്തിയൊന്നിൽ നാം വായിക്കുന്നു ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശിക്കുള്ള വിശ്വാസവും അതാണ് അവര് യഹൂദന്മാർക്കും യവനന്മാർക്കും അവരെ സാക്ഷീകരിച്ചത് റിപ്പൻഡൻസ് ടുവർഡ് ഗോഡ് ആൻഡ് ഫെയ്ത്ത് ഇൻ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അപ്പോൾ യേശുക്രിസ്തു മാനസാന്തരം പ്രസംഗിച്ചു ശിഷ്യന്മാര് മാനസാന്തരം പ്രസംഗിച്ചു അപ്പോൾ യഥാർത്ഥത്തിലുള്ള മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് യേശു ശിഷ്യന്മാരും ഉദ്ദേശിച്ച മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ന് വളരെ ഉപരിപ്ലവമായിട്ട് ഈ മാനസാന്തരപ്പെടണം എന്ന് ജസ്റ്റ് ചില ചില സ്ഥലങ്ങളിൽ ഒരു വാക്ക് പറഞ്ഞ് പോകാറുണ്ട് നമ്മൾ ഈ യഥാർത്ഥത്തിലുള്ള മാനസാന്തരം ട്രൂ റിപ്പൻസ് ഇൻവോൾവ്സ് അവർ ഹോൾ പേഴ്സണാലിറ്റി നമ്മുടെ ഹോൾ പേഴ്സണാലിറ്റി നമ്മുടെ മുഴുവ്യക്തിത്വം യഥാർത്ഥ മാനസാന്തരത്തിൽ ഉൾപ്പെട്ടിരിക്കും നമ്മുടെ മുഴുവ്യക്തിത്വം എന്ന് പറയുമ്പോൾ നമുക്കുള്ളത് നമ്മുടെ മനസ്സ് നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ഇച്ഛ മനസ്സ് വികാരങ്ങൾ ഇച്ഛ മുഴുവ്യക്തിത്വവും ഈ മാനസാന്തരത്തിൽ ഇൻവോൾവ് ആയിരിക്കണം അപ്പോൾ നമുക്ക് മനസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു മാറ്റം വേണം എനിക്ക് ഈ കാര്യം ഇത് തെറ്റാണ് ഞാൻ ഈ വഴിയിൽ പോയാൽ അത് ൈവനാമത്തിന് അത് ദോഷകരമാണ് എൻ്റെ ഞാൻ ഈ കാര്യം എനിക്ക് വേണ്ട നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളാണ് ഈ കാര്യം എൻ്റെ മനസ്സിൽ ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് ഞാൻ ഈ പോകുന്ന വഴി തെറ്റാണ് എനിക്കിത് മാറണം ഓക്കെ അപ്പോ ഇത് കഴിഞ്ഞാൽ നമുക്ക് ദൈവവചനം പറയുന്നു നമുക്ക് നമ്മുടെ വികാരങ്ങളിലും അത് പ്രകടമാവും ഇത് ജസ്റ്റ് മനസ്സിൽ അങ്ങ് ചിന്തിച്ചു പോവുകയല്ലേ നമുക്ക് അതിനെക്കുറിച്ച് നമ്മുടെ ഒരു തെറ്റാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെങ്കിൽ നമ്മുടെ ഒരു പാപമാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ദുഃഖം ഉണ്ടാവും ഒരു അനുതാപം ഉണ്ടാവും ഒരു വിഷമവും ഉണ്ടാവും പ്രയാസവും ഉണ്ടാവും ദൈവവചനത്തിൽ നമ്മൾ പലയിടങ്ങളിലും ഈ കാര്യങ്ങൾ നാം കാണുന്നുണ്ട് മറ്റേ ഇരുപത്തിയാറിൻ്റെ എഴുപത്തി അഞ്ചിൽ നമ്മൾ കാണുന്നു പത്രൂസ് പത്രോസ് അവൻ അവനൊരു തെറ്റുപറ്റി തെറ്റുപറ്റി കഴിഞ്ഞപ്പോൾ യേശുവിനെ തള്ളി പറഞ്ഞു തള്ളി പറഞ്ഞു അതി ഗൗരവമായ തെറ്റ് യേശുവിന്റെ നോട്ടം കണ്ടപ്പോ അവൻ അതി ദുഃഖത്തോടെ കരഞ്ഞു എന്ന് നമ്പി വീട്ടിൽ വായിക്കും അപ്പോ മാനസ്വാന്തരം ഞാൻ ചെയ്ത് തെറ്റാണ് ബോധ്യം ഉണ്ടായി ബോധ്യമുണ്ടായപ്പോൾ അതിനെ തുടർന്ന് അത് വികാനങ്ങളിലും പ്രകടമായി അവൻ അതി ദുഃഖത്തോടെ കരഞ്ഞു യേശു തന്നെ പറയുകയുണ്ടായി മത്ത അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പോ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ ആശ്വാസം കർത്താവ് കൊടുക്കുക യഥാർത്ഥത്തിൽ കർത്താവിന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ദുഃഖത്തോടെ അനുതാപത്തോടെ നാം ചെയ്യുന്നതിനെ കുറിച്ച് ദൈവചനത്തിൽ പലയിടങ്ങളിൽ നാം വായിക്കും നമ്മള് ഈ ആക്കോമന്റെ ലേഖനം നാലാം അധ്യായം ഒമ്പതാം വാക്യത്തിലും അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മള് ദുഃഖിക്കണം നമ്മൾ ദുഃഖിച്ച് എന്ന് പറയുന്ന ആ ഭാഗം നമ്മളെ ഈ ആക്കോമന്റെ നമ്മൾ വായിക്കും അപ്പോ നമുക്ക് നമ്മുടെ മാനസാന്തരം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു മാറ്റം മാത്രമല്ല അത് നമ്മുടെ വികാരങ്ങളിലും പ്രകടമാവും ചിലരെ സംബന്ധിച്ചോളം അത് മനസ്സിലും വികാരങ്ങളിലും മാത്രം നിൽക്കും അത് കഴിഞ്ഞ് അവരുടെ ഇച്ഛയിലേക്ക് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ കേട്ടിട്ടുണ്ട് നമ്മൾ ആഴത്തിൽ കുഴിച്ച് പാറമയിലാണ് നമ്മൾ അടിസ്ഥാനപ്പെടേണ്ടത് അപ്പോൾ നമ്മൾ ആഴത്തിൽ കുഴിക്കുക പറയുമ്പോൾ നമ്മുടെ മനസ്സിന് മാത്രമല്ല നമ്മുടെ വികാരങ്ങൾ മാത്രമല്ല അവൻ്റെയും താഴേക്ക് പോയി നമ്മുടെ ഇച്ഛ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം ഓക്കെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ നിങ്ങളുടെ മുമ്പ് മുമ്പോട്ടുള്ള ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഈ വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഒരു ശല്യമാണ് നിങ്ങൾക്കതൊരു നിങ്ങൾക്കൊരു അസ്വസ്ഥതയായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പലപ്പോഴും നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഏകാഗ്രതയെ അത് വെകേലിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ തോന്നി ആ അത് ശരിയാ അത് വേണ്ട അല്ലെങ്കിൽ അത് അത് കൊള്ളില്ല അതെനിക്ക് നല്ലതല്ല പക്ഷേ അത് കഴിയുമ്പോൾ ഞാൻ ഈ രീതിയിൽ എനിക്ക് ചില തെറ്റുകൾ പറ്റിയില്ലോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യണം നമുക്കൊരു ദുഃഖം ഉണ്ടാവണം അനുതാപം ഉണ്ടാവണം അപ്പൊ അനുതാപവും ഇത് ബോധ്യം മാത്രം പോരാ അതിനെ തുടർന്ന് ഞാൻ എന്ത് ചെയ്യണം ചിലപ്പോൾ ഞാൻ ആ ഗ്രൂപ്പ് ചെയ്ത് എക്സിറ്റ് ആവണം അല്ലെങ്കിൽ ഞാൻ അതിനെ വിട്ടുകളയണം അത് ഞാൻ വേണ്ട എന്ന് വെക്കണം അപ്പോൾ അതാണ് നമ്മുടെ ഇച്ഛ എന്ന് പറയുന്നത് നമ്മുടെ വില്ലിൽ നമ്മളൊരു തീരുമാനം എടുത്ത് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ യഥാർത്ഥ മനസ്സാന്തരത്തിന് ഈ മൂന്ന് കാര്യങ്ങളും ഉൾപ്പെട്ടിരിക്കും നമ്മുടെ മനസ്സ് വികാരങ്ങൾ ഇച്ഛ അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ഗുരുന്ദീകൾ ഏഴാം അധ്യായത്തിൽ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരം നിങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ദുഃഖം നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഒരു പാപത്തോടുള്ള ഒരു വെറുപ്പ് വെറുപ്പ് നിങ്ങൾക്കുണ്ടാവും ദുഃഖവും അനുതാപവും വെറുപ്പും ഒക്കെ ഉണ്ടാവുന്നു അതിനെ തുടർന്ന് നിങ്ങൾ ചില കോഴ്സ് ഓഫ് ആക്ഷൻ നിങ്ങൾ എടുക്കുന്നു ഈ രീതിയിലല്ല ഞാൻ പോകേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ ഈൽഡി ഈൽഡിംഗിനുള്ളിൽ നമ്മുടെ ഇച്ഛയെ നമ്മൾ അവിടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുത്ത് വിധേയപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വഴിയെ നാം തെരഞ്ഞെടുക്കുന്നു ഓക്കെ അപ്പോ ഈ യഥാർത്ഥ മാനസാന്ത്യത്തിൽ അതിനോട് ചേർന്ന് മറ്റൊരു കാര്യം മറ്റു ചില കാര്യങ്ങളും കൂടെ ഉള്ളത് ഒന്ന് റെസ്റ്റിറ്റ്യൂഷൻ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നാം കാര്യങ്ങളെ ക്രമപ്പെടുത്തുക കാര്യങ്ങളെ നമ്മളെ ക്രമപ്പെടുത്തുക നമ്മൾ ഒരു നമ്മുടെ ജീവിതത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞ ആളുകൾ ചില തെറ്റുകൾ സംഭവിച്ചു അപ്പൊ തെറ്റുകൾ സംഭവിച്ചു എനിക്ക് അത് മറ്റൊരു വ്യക്തി അതിൽ ഇൻവോൾവ് ആയിരുന്നു അല്ലെങ്കിൽ മറ്റു ചില ആളുകൾ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു മറ്റു ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്തതെങ്കിൽ എന്റെ മനസ്സിലും എന്റെ വികാരത്തിലും ഉണ്ടായി ഞാൻ രഹസ്യമായിട്ട് ചില തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോയാൽ പോരാ എനിക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ തെറ്റ് പറ്റിയാൽ ഞാൻ എന്ത് ചെയ്യണം അത് പോയി ക്രമപ്പെടുത്തണം ഞാൻ തിരികെ കൊടുക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ തിരികെ കൊടുക്കണം ക്ഷമ ചോദിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ക്ഷമ ചോദിക്കണം ഞാൻ എന്നെ തന്നെ താഴ്ത്തി എനിക്ക് ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം എന്ന് പറയേണ്ട ഒരു കാര്യമാണെങ്കിൽ പോയി അത് ചെയ്യണം അപ്പോ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ക്രമപ്പെടുത്തുക അല്ലെങ്കിൽ കാര്യങ്ങളെ റെസിറ്റ്യൂഷൻ എന്ന് പറയും നമുക്ക് സക്കായിയുടെ ഉദാഹരണം നമുക്കറിയാമല്ലോ സഖായി അതായത് ലുക്കോസ് പത്തൊമ്പതാം അധ്യായത്തിന്റെ ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളെ നമ്മൾ സഖായിയെ കുറിച്ച് വായിക്കുന്നു അപ്പൊ സഖായിയുടെ ഉള്ളിൽ വീട്ടിലേക്ക് കർത്താവ് കടന്നു വന്നപ്പോ സഖായിക്ക് പാവബോധം ഉണ്ടായി അപ്പൊ പാവബോധം ഉണ്ടായി അവന് അവന്റെ ഉള്ളിൽ കർത്താവ് വന്നു എന്നുള്ള സന്തോഷം അവൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലുള്ള ദുഃഖം ഇതൊക്കെ അവനുണ്ടായി അവനുണ്ടായി അവന് അവന്റെ അവൻ അവൻ അവന്റെ മനസ്സിൽ അവൻ തീരുമാനിക്കുന്നു ഈ വഴി ശരിയില്ല ഞാൻ ഈ പോയത് തെറ്റാണ് തീരുമാനിക്കുന്നു അത് അവൻ്റെ മനസ്സിൽ അവന് ബോധ്യം ഉണ്ടായി അതിനെ തുടർന്ന് അവനൊരു കോഴ്സ് ഓഫ് ആക്ഷൻ കൊടുക്കുന്നു അവനൊരു കാര്യം തീരുമാനിക്കുന്നു അവൻ എന്താ തീരുമാനിച്ചത് അവൻ പറയുന്നു ഞാൻ എന്റെ വസ്തുതകളിൽ പകുതി ദരിദ്രർക്ക് ഞാൻ കൊടുത്തേക്കാം ചതിവായി വാങ്ങിയത് നാല് മടങ്ങ് ഞാൻ മടക്കി കൊടുക്കാം അപ്പൊ ഇതാണ് അവൻ നിശ്ചയിൽ എടുത്ത ചില തീരുമാനങ്ങൾ ചില കാര്യങ്ങളെ ക്രമപ്പെടുത്താനായിട്ട് അവൻ തീരുമാനിക്കും ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ പലരുടെ ജീവിതത്തിലും നമ്മളിങ്ങനെ പറയാനുണ്ട് കെട്ടിടം പണിതൂ ഇപ്പോ ആറാമത്തെ നില പണിയുന്നു ആറാമത്തെ നില ആറോ ഏഴോ നിലയുള്ള കെട്ടിടം നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആറാമത്തെ നിലയിലും ഏഴാമത്തെ നിലയിലും ഒക്കെ വിള്ളൽ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് എഞ്ചിനീയർ വന്ന് നോക്കിയിട്ട് പറയുന്നു ഇത് വിള്ളൽ ഇവിടുത്തെ പ്രശ്നമല്ല ഇതിന്റെ അടിസ്ഥാനമാണ് പ്രശ്നം അടിസ്ഥാനത്തിലുള്ള പ്രശ്നമാണ് ഇതിപ്പോ മുകളിലേക്ക് വന്നിരിക്കുന്നത് അനേക വർഷങ്ങൾ ക്രൈസ്തവ ജീവിതത്തിൽ മുമ്പോട്ട് പോയ ശേഷം പലരുടെയും ക്രിസ്ത്യ ജീവിതം ഒരു ശരിയായ രീതിയിൽ മുമ്പോട്ട് പോകുന്നില്ല അതിന്റെ കാരണം ഈ യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരത്തിലും കാര്യങ്ങളെ ക്രമപ്പെടുത്തിയുമല്ല അവർ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ കാര്യങ്ങളെ ഈ രീതിയിൽ സെറ്റിലായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെയാ നമുക്കറിയുക ഞാനത് പറയാം അതുപോലെ തന്നെ കുറിച്ച് നമ്മൾ പറഞ്ഞു അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ദൈവം ഓർപ്പിക്കുന്നത് നമ്മെ നമ്മുടെ ഉള്ളിൽ നമ്മളിതിനെ നെഗ്ലക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണോ ചെയ്യുന്നത് അതോ ഞാൻ അത് എനിക്ക് ക്രമപ്പെടുത്തണം അതൊരു പക്ഷേ ഞാന് ഗവൺമെന്റിന് കൊടുക്കേണ്ട ഒരു കാര്യമായിരിക്കാം ഞാൻ ഏതെങ്കിലും രീതിയിൽ കളിപ്പിച്ച ഒരു കാര്യമായിരിക്കാം മറ്റൊരു വ്യക്തിയോട് എടുത്തൊരു കാര്യമായിരിക്കാം ഇത് എനിക്ക് തിരിച്ചു കൊടുക്കണം തീരുമാനിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടാവും ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒരു ലാർജ് എമൗണ്ട് ചിലപ്പോൾ ഗവൺമെന്റിന് കൊടുക്കണം ഇത് എങ്ങനെ കൊടുക്കും അപ്പോ നമുക്ക് നമ്മള് ചില ദേവാസന്മാരും ഒക്കെ അതിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് ചില സമയത്ത് നമ്മൾ എന്തായാലും നമ്മള് ഗവൺമെന്റിന് കൊടുക്കേണ്ട പൈസ എന്റെ കയ്യിൽ ഇരിക്കരുത് എല്ലാ സകലവും പണത്തിന്റെ ഉടയവൻ ദൈവമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യം ഗവൺമെന്റിന് എങ്ങനെ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക ദൈവ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബോക്സിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തും എനിക്കൊരു നല്ല മനസാക്ഷി ആ രീതിയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും അപ്പോ ചിലപ്പോ ചില കാര്യങ്ങളിൽ ഉദാഹരണത്തിന് എനിക്കും അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകും ചിലപ്പോ ചില സ്ഥലം വാങ്ങലും വിൽക്കുകയും ചെയ്യുമ്പോൾ അപ്പൊ അതിന് ഈ ഫുള്ളായിട്ട് ഗവൺമെന്റ് റൂൾ അതുപോലെ നമ്മൾ പാലിക്കണം എന്നുണ്ടെങ്കിൽ ഈ അതില് നമ്മൾ വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് വിൽക്കുന്ന ആളും കൂടെ സഹകരിക്കണം നമ്മൾ വിൽക്കുന്നതാണെങ്കിൽ വാങ്ങുന്ന ആളും കൂടെ സഹകരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എക്സാക്ട്ലി അതുപോലെ ചെയ്യാമുള്ളൂ അപ്പോൾ നമുക്ക് സപ്പോസ് അങ്ങനെ നമുക്ക് ഏതെങ്കിലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ ഓക്കെ എന്നാൽ നമുക്ക് ഓക്കെ എവിടെയാണ് ഞാൻ ഗവൺമെന്റ് കൊടുക്കേണ്ടത് ഏതാണ് എന്റെ കയ്യിൽ ഇരിക്കാൻ പാടില്ല അതെനിക്ക് ദൈവത്തിനോ ബോക്സിലോ നമുക്ക് കൊടുത്ത് ആ രീതിയിൽ എന്റെ മനസ്സാക്ഷി ക്ലിയറാക്കുക അപ്പൊ ഇങ്ങനെ നമ്മൾ സെറ്ററായിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് അതിനോട് ചേർന്ന് നമ്മൾ ഈ ഫൊർഗീഡ് ക്ഷമിക്കുക ക്ഷമ ചോദിക്കുക നമ്മള് മനസാന്തരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ക്ഷമിക്കാതിരിക്കുന്നുണ്ടോ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ഒരു വാക്കുണ്ട് കോസ്റ്റിക് റിമാർക്ക് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ പഞ്ചന്റ് എന്നൊക്കെ പറഞ്ഞ ഈ കെമിസ്ട്രിയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം പഞ്ചന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഇങ്ങനെ നസ രങ്ങളെ ഇങ്ങനെ തുളയ്ക്കുന്ന പഞ്ചൻ സ്മെല്ലെന്ന് പറയും കോസ്റ്റിക് റിമാർക്ക് എന്ന് പറഞ്ഞ ഈ കോസ്റ്റിക് സോഡ് പറഞ്ഞിങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ അതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും അപ്പോ നമ്മൾ ചിലപ്പോ നമ്മൾ രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയും കുറെ ആളുകൾ കഴിയുമ്പോൾ പണ്ട് ഒരാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൽ പൊങ്ങി വരുന്ന വാക്കുകൾ ഇങ്ങനെ എരിവും പുളിയും പുകയും ഒക്കെയുള്ള വാക്കുകളാണെങ്കിൽ അത് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ യഥാർത്ഥത്തിൽ ഞാൻ മുമ്പ് ക്ഷമിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഞാൻ അത് വിട്ടുകളഞ്ഞിട്ടില്ല നമ്മള് നല്ല വളരെ ശാന്തമായി നിൽക്കുന്ന കടൽ നല്ല നീല നിറത്തിലിരിക്കുന്ന വെള്ളം പക്ഷെ കുറച്ച് കഴിഞ്ഞ് കടൽ അങ്ങോട്ട് ഇളകുന്ന സമയത്തുണ്ട് എല്ലാം കൂടി അടിയിൽ നിന്ന് പൊങ്ങി വരുന്നതാകെ വളരെ വളരെ ദുഷിച്ച കാര്യങ്ങളാണ് പൊങ്ങി വരുന്നതെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കണം യഥാർത്ഥം എന്റെ രക്ഷ ഞാൻ ശരിക്കും ഞാൻ രക്ഷിക്കപ്പെട്ടോ ഞാൻ ശരിക്കും ഞാൻ മനസ്സംബന്ധപ്പെട്ടിരുന്നോ ശരിക്കും എൻ്റെ ഉള്ളിൽ ഈ ഒരു അനുതാപത്തോടുകൂടെ ഞാൻ ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങളെ ക്രമപ്പെടുത്തിയിരുന്നോ ഞാൻ ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിച്ചിരുന്നോ ഞാൻ ക്ഷമിക്കേണ്ടവരോട് ഞാൻ ക്ഷമിച്ച് ഞാൻ വിട്ടു പറഞ്ഞിരുന്നോ നിങ്ങളുടെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടാവോ നിങ്ങൾക്ക് അന്ന് ഒത്തിരി വളരെയധികം മുറിവ് നിങ്ങൾ എന്നാ മുറിവ് നിങ്ങൾ ഇപ്പം പറയുകയാണ് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എനിക്ക് അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കില്ല ഞാൻ ക്ഷമിക്കാൻ പറ്റുന്നില്ല കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പറയാം പക്ഷെ ഞാൻ അത് വിട്ടുകൊടുക്കില്ല ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയുന്നു എങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളെ പിന്നെ ചോദന ചെയ്യും ഞാന് കർത്താവേ അങ്ങ് എന്നെ കാണിച്ചു വഴിയെന്ന് പറഞ്ഞ് അങ്ങയുടെ മുഖത്ത് തുപ്പുമ്പോ ഇവർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാതെ അല്ല ഇവരോട് ക്ഷമിക്കണമേ ഒരു പാപവും ചെയ്യാതെ ഇരുന്ന അങ്ങയോട് ഇങ്ങനെ പെരുമാറിയപ്പോഴും ക്ഷമിച്ചു അതാണ് അങ്ങ് വഴി കാണിച്ചത് എന്നാൽ കർത്താവ് ഞാനേ വഴിയെ പോകുമ്പോൾ ദൈവം എന്നെ സഹായിക്കണമേ അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കാനായിട്ട് നമ്മുടെ പഴയകാലത്ത് നമുക്ക് എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഇത് ക്ഷമിക്കാതെ വിട്ടുകളയാതെ നമ്മൾ ഇരിക്കരുത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലുള്ള രക്ഷിക്കപ്പെടൽ എന്ന പ്രവൃത്തിക്ക് വളരെ ദോഷവും ബുദ്ധിമുട്ടും അതുണ്ടാക്കും ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങൾ പ പൊ പൊന്തി വരുന്നതിൻ്റെ കാരണമെന്താണ് അതുപോലെ നമുക്ക് പിശാചിനോടും നമുക്കൊരു ഒരു മാറിയ മനോഭാവം ഉണ്ടാവണം ഞാൻ പിശാജിനോട് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ചിലരൊക്കെ ചിലപ്പോ കഴിഞ്ഞ നാളുകളിൽ ഈ ആഭിചാരം നോക്കുന്നവര് കൈ നോക്കിപ്പിക്കുന്നവര് അല്ലെങ്കിൽ രാഹുകാലം ഇങ്ങനെയൊക്കെ കാലങ്ങളൊക്കെ നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പിശാജുമായിട്ടുള്ള ഒരു ബന്ധമാണത് അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ചില നമ്മളറിയാതെയുള്ള ചില ആചാരങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഈവൻ പൊട്ടലൊഴിഞ്ഞതുപോലും ഒരു ചില ചില ചില ആ രീതിയിലുള്ള ഒരു പിശാഞ്ചുമായിട്ടുള്ള ഒരു കണക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പിശാഞ്ചു പലപ്പോഴും ദൈവവചനത്തിൽ മാറി പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് നമുക്ക് പാവബോധം നൽകുന്ന നമ്മെ യഥാർത്ഥ ആത്മീയ വഴിയിൽ മുമ്പോട്ട് നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവിനെയാണ് ദൈവജനം പറയും എന്നാൽ ചില ഇന്നത്തെ ചില പ്രാസംഗികൾ അവർ വന്നിട്ട് നമ്മളെ ചിരിപ്പിക്കുന്നതും നമ്മളെ സന്തോഷിപ്പിക്കുന്നതും താഴെ ഒക്കെ ആയിട്ടുള്ള ഒരു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞ് മാനസാന്തരവും അനുതാപമൊന്നും വേണ്ട ഞാൻ നിങ്ങളുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ റിനൗൺസ് ചെയ്യണം അതിനെ നിങ്ങൾ തള്ളിക്കളയണം കർത്താവ് എനിക്ക് ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല ഇതെനിക്ക് വേണ്ട എനിക്ക് നിന്റെ വചനത്തിൽ പറയുന്ന ഈ ഒരു വഴി എനിക്ക് പോകണം അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും നമ്മൾ പിശാചുമായിട്ടൊരു ബന്ധം ഈ രീതിയിൽ നമുക്ക് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിനൗൺസ് ചെയ്യാം കർത്താവേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല അതെനിക്ക് വേണ്ട അപ്പോ നമ്മളിപ്പോ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു യഥാർത്ഥത്തിലുള്ള മാനസാന്തരം എന്ന് പറയുന്നത് അതിനകത്ത് നമ്മുടെ മനസ്സിൽ നമ്മുടെ വികാരങ്ങളിൽ നമ്മുടെ ഇച്ഛയിൽ നമുക്കൊരു മാറ്റമുണ്ടാവുകയും നാം അതിനെ തുടർന്ന് നമുക്ക് ഒരു മനസ്സിന്റെ മാറ്റം മാത്രമല്ല നാം കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നു നാം തിരികെ കൊടുക്കുന്നു ും നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാവും നമ്മൾ ചിലപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് ചില കാര്യങ്ങൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അപ്പോഴാണ് ഓർക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതി കത്തെഴുതി അന്നൊക്കെ കത്ത് കത്തെഴുതി ഓപ്ഷൻ ചോദിക്കുന്നു സാധനം പൈസ മണി ഓർഡർ ആയിട്ട് അയച്ച് നമ്മളത് സെറ്റിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ചില ബന്ധുക്കളെ വിളിച്ച് ഞാൻ അന്നങ്ങനെ പറഞ്ഞത് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം ഞാൻ ഇപ്പോഴും അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷവും സമാധാനവും നമ്മുടെ ഉള്ളത്തിൽ പൊങ്ങി വരികയാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നിരപ്പ് സംഭവിക്കും അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുമ്പോൾ മാത്രമല്ല തീർമാനമായും നമ്മുടെ ജീവിതത്തിൽ ഇത് ആവശ്യമാണ് ഓക്കെ നമ്മൾ രണ്ടാമതായിട്ട് വിശ്വാസം അപ്പൊ ഞാൻ ആദ്യം ഈ കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് രണ്ടാമതായിട്ട് വിശ്വാസം വിശ്വാസം നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് വിശ്വാസം വിശ്വാസം അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എനിക്ക് വിശ്വാസത്തോടു കൂടുകയും മുഖത്തേക്ക് നോക്കണം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് ടു ഹവ് ഫേത്ത് ഇൻ ഗാഡ് ഇസ് ടു ട്രസ്റ്റ് ഇൻ ആൻഡ് ബിലീവ് വോട്ട് ഇ എസ് ഇൻ എസ് വേൾഡ് ഇൻ സ്പൈറ്റ് ഓഫ് വോട്ട് ആർ ഫീലിംഗ്സ് മേറ്റ് എ ലെസ് ഓർ വാട്ട് അതർ പീപ്പിൾ മേറ്റ് എ ലെസ് അതായത് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം എന്താണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് അപ്പടെ ഞാൻ വിശ്വസിച്ചിട്ട് എനിക്ക് എൻ്റെ തോന്നലുകൾ എന്താണെങ്കിലും കുഴപ്പമില്ല എൻ്റെ തോന്നൽ എന്താണെങ്കിലും ഞാൻ ആ തോന്നലിനനുസരിച്ച് ഞാൻ പോകുന്നില്ല ആളുകൾ എന്ത് പറയുന്നു എന്നനുസരിച്ച് ഞാൻ പോകുന്നില്ല ദൈവം എന്ത് പറയുന്നു ദൈവവചനം എന്ന് പറയുന്നു അതിനനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോകും ഇതാണ് ശരിക്കും പറഞ്ഞ ദൈവത്തിലുള്ള വിശ്വാസം അപ്പോൾ ദൈവത്തെക്കുറിച്ച് ചില ചില ഫാക്ട്സ് ഉണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ചില ഫാക്ട്സ് ചില സത്യങ്ങൾ അത് ആർക്ക് മാറ്റാൻ കഴിയാത്ത ചില സത്യങ്ങൾ ആ സത്യങ്ങളിൽ ഒരു സത്യം മൂന്ന് പ്രധാനപ്പെട്ട സത്യങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്താണ് ഒന്ന് ദൈവം ഹീ ലവ്സ് എസ് ഇൻഫൈനൈറ്റ്ലി അതായത് ദൈവം നമ്മെ അളവ് കൂടാതെ നമുക്ക് അത് പരിമിതപ്പെടുത്താനായിട്ട് കഴിയില്ല അത്രയധികം ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവത്തിന് അവൻ സർവജ്ഞാനിയാണ് ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല സർവജ്ഞാനിയാണ് ദൈവം അതുമാത്രമല്ല ദൈവം സർവശക്തനാണ് ഹീസ് ഓൾ മൈറ്റി എല്ലാറ്റിനും അധികാരമുള്ള ശക്തിയുള്ളവനാണ് ദൈവം അപ്പോ വളരെ ലളിതമായ മൂന്ന് സത്യങ്ങളാണ് പക്ഷേ ഈ മൂന്ന് സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഒരു നന്ദൂരം നൽകണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങള് ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ ആ പ്രത്യേക സമയത്ത് ഉള്ളിൽ നിരാശ വന്നപ്പോൾ ഈ സത്യങ്ങളാണ് അത് ഞങ്ങളെ ബലപ്പെടുത്തിയത് കർത്താവെ എനിക്കിത് മനസ്സിലാവുന്നില്ല പക്ഷേ അങ്ങക്ക് തെറ്റുപറ്റില്ല അങ്ങ് സർവശക്തനാണ് അങ്ങിനെ സ്നേഹിക്കുന്നവനാണ് എനിക്കെല്ലാം ഇപ്പോൾ മനസ്സിലാവുന്നില്ല നിത്യവും എനിക്ക് മനസ്സിലാവും കർത്താവെ ഞാനിതാ ഈ സത്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇതാ തന്നെ വിധേയപ്പെടുത്തി നൽകും നമുക്കും പ്രിയ കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരെ സോഡിസുകർമാരെ നമ്മൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ രീതിയിൽ നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് ഒരു വിശ്വാസത്തോടു കൂടെ നമുക്ക് നോക്കുവാനായിട്ട് കഴിയണം നമുക്ക് ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ദാനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് വിശ്വാസം മൂലമാണ് നമ്മളെ ആദ്യം രക്ഷയെക്കുറിച്ച് പറഞ്ഞു രക്ഷ എങ്ങനെയാണ് നമ്മൾ ലഭിക്കുന്നത് മോളൊരു വാക്യം പറഞ്ഞു അല്ലേ ആ വാക്യം പിന്നെ അല്ലാതെ നമ്മൾ എഫ് എസ് സി ലേഖന രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത് എഫ് എസ് ലേഖന രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യം എന്താണ് കൃപയാൽ അല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോ കൃപയാൽ ആണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ കൃപയാൽ ദൈവത്തിന്റെ കൃപ നമുക്ക് എങ്ങനെയാ നമുക്ക് ലഭിച്ചത് വിശ്വാസമൂലം അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ പറയാം ദൈവം ദൈവത്തിന്റെ ഇങ്ങനെ നീറ്റിക്കണ്ടിരിക്കുകയാണ് grace is god's hand reaching down to us loaded with the blessings of heaven swargathile ella nanmagalil tande karangalil vechukonde deivam de tande karangale nammude adukilekku neettugiyan adana devathinte kruba aa kruba devathinte karam nammude adukilekku veendu varumbo adu nammal engane swikarikkumadu nammal vishwasam aadunna karam faith is our hand reaching up And taking these blessings from God's hand Then we are there for our God You are sharing the knowing of us God is sharing the knowledge of us Chris How do you heal? So tell this Our God will heal the way Our God will move into our life Even if we have been lying on our Father If we are you who want our God We can go nowhere and go from our VIP നമ്മൾ എപ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത് നമുക്ക് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അസാധ്യമാണ് നമുക്ക് വിശ്വാസം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ അവനുണ്ട് എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുകയില്ല അപ്പൊ ഈ വിശ്വാസം എങ്ങനെയാണ് നമുക്ക് വരിക ഈ വിശ്വാസം നമുക്ക് എങ്ങനെ ലഭിക്കും നമ്മൾ നമുക്ക് വിശ്വാസം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ മീറ്റിങ്ങുകൾ നടത്തുന്നത് മീറ്റിങ്ങുകളിലൂടെ ദൈവവചനം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവവചന സത്യങ്ങളിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇവരുടെ വെളിച്ചം വീശുന്നു അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങുന്നു ദൈവബോധത്തേക്ക് നോക്കാൻ തുടങ്ങുന്നു നമ്മുടെ ഉള്ളിൽ വിശ്വാസം അങ്കുരിക്കുന്നു അപ്പോൾ വിശ്വാസം കേൾവിയാലും റോമാലേഖനം പത്താം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ഗോഡ്സ് വേർഡ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് വേർഡ്സ് എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി വചനത്താലും വരുന്നു അപ്പോ നമ്മളൊരോ മീറ്റിംഗിൽ കേൾക്കുന്ന വചനങ്ങൾ മാത്രമല്ല നമ്മൾ വ്യക്തിപരമായ ദൈവവചനം വായിക്കുമ്പോൾ സാഹചര്യങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഓരോ സാഹചര്യങ്ങളുടെ മധ്യത്തിലും നമ്മുടെ വികാരങ്ങൾ നമ്മെ തളർത്തി കഴിയുമ്പോൾ പേടിയും നമുക്ക് നിരാശയും ഒക്കെ അവിടെ നമ്മുടെ ഉള്ളത്തിൽ ദൈവവചനം നമ്മോട് സംസാരിക്കാൻ തുടങ്ങും ദൈവവചനത്തിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത് ദൈവവചനം ഇങ്ങനെയാണ് ദൈവത്തിന് മാറ്റമല്ല ദൈവം സർശപ്പനാണ് നീ ദൈവം നോക്കുക അപ്പോ വിശ്വാസം വിശ്വാസ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്നു നാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നാം നോക്കാനായിട്ട് നാം തുടങ്ങും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അഷുറൻസ് ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ ഒരു ഉറപ്പ് അപ്പം ഞാൻ വളരെ പെട്ടെന്ന് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെയും അവിടെയൊക്കെ ഉള്ള ഉത്സാഹത്തിനായിട്ട് നമ്മൾ ചില വാക്യങ്ങൾ വായിക്കും ഞാൻ ഞാൻ തന്നെ ആ വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കും യൗവനാറിന്റെ മുപ്പത്തിയേഴ് വാക്യം അവിടെ പറയുന്നു എന്റെ അടുക്കൽ വരുന്നതിന് ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു തോന്നൽ ഞാൻ എന്നെ ദൈവം അംഗീകരിക്കുമോ നിങ്ങൾ ഏത് സമയത്തും ഒരു അനുതാപഹ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു എന്റെ അടുക്കൽ വരുന്നതിനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല ഇത് ദൈവത്തിന്റെ ഒരു ഫാക്റ്റാണ് ദൈവവചനത്തിന്റെ ഒരു സത്യമാണ് അല്ലെങ്കിൽ നമ്മളെ യോവനൻ ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം യോവനൻ ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം അവിടെ എന്താ പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അവകാശം അല്ലെങ്കിൽ അധികാരം കൊടുത്തു അപ്പൊ ഞാൻ കർത്താവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ ദൈവമകനാണ് ഞാൻ ദൈവമകളാണ് അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മൾ സംശയിച്ച് ചഞ്ചലപ്പെട്ട് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ എബ്രാഹിം ലേഖന എട്ടാം അധ്യായം എബ്രാഹിം ലേഖന എട്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം അവിടെ നമ്മൾ പുതിയ നിയമത്തെക്കുറിച്ച് വായിക്കുന്നു പുതിയ നിയമത്തിൽ ഞാൻ ഒരു പുതിയ നിയമം ചെയ്യും നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം നൽകും ആ അപ്പോ എന്നൊക്കെ പറയുന്ന ആ വാക്യം അവിടെ പറയുമ്പോ അവിടെ പറയുന്നു ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരനയുള്ളവനാകും അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരളപ്പാട് നിങ്ങളുടെ ഉള്ളിൽ ഒരു നങ്കൂരമായിട്ട് ഈ ഒരു വാക്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം കർത്താവ് അങ്ങന്റെ വചനം പറയുന്നു ഞാൻ അനുഭവിച്ചു ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വന്നു ഞാൻ യഥാർത്ഥ അനുതാപത്തോടെ ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് ഞാൻ വിശ്വാസത്തോടെ ഞാൻ വരുന്നു അങ്ങനെയാണെങ്കിൽ ഇതാ അങ്ങനെ വചനം പറയുന്നു കർത്താവെ അങ്ങ് ദൈവമേ അങ്ങ് എന്റെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളതിനാകും എൻ്റെ പാപങ്ങളെ ഇനി അങ്ങ് ഓർക്കുകയില്ല എന്ന് അങ്ങനെ വചനമുണ്ടല്ലോ ഇത് ദൈവ വചനത്തിന്റെ സത്യമാണ് ഫാക്റ്റാണ് ഇതിൽ ഞാൻ മുറുകെ പിടിക്കുന്നു അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ എപ്പോഴും മിക്കവാറും ഇവിടെ പറഞ്ഞിട്ടുള്ള ജോജി പാരും പറഞ്ഞിട്ടുണ്ട് ഫാറ്റ് ഫെയ്ത്ത് ഫീലിംഗ് എന്ന് പറഞ്ഞ മൂന്നാളുകൾ ഒരു മതിലിന്റെ മുകളിൽ നടക്കുന്നു എന്താണ് ഫാക്ട് ഫത്ത് ഫീലിംഗ് അപ്പൊ എന്ന് പറഞ്ഞാൽ വസ്തുത വിശ്വാസം വികാരങ്ങൾ അപ്പൊ ഇത് മൂന്നും കൂടെ നടക്കുക അപ്പൊ ഇത് വളരെ പണ്ട് പണ്ടുകാലത്ത് ആനൻ എന്ന് പറയുന്ന ഒരു ദൈവഭക്തനായ ഇംഗ്ലണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് ഇതിനെ ആദ്യം പറഞ്ഞത് എന്നാണ് കേട്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് വാച്ച്മാൻ ഡി അതിനെ ഈ ഇളകാത്ത അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ജോജി പേരുടെ പറയാറുണ്ട് പല ദേവദാസന്മാരും അത് ആവർത്തിച്ച് പറയുന്ന ഒരു ഉദാഹരണമാണ് അപ്പോൾ ഈ ഫാറ്റും ഫേറ്റും ഇവര് മൂന്ന് പേര് വസ്തുത വികാരങ്ങൾ വിശ്വാസം വികാരങ്ങൾ ഇവര് മൂന്ന് പേരും കൂടെ ഒരു മകളിന്റെ മൂല കൂടെ നടക്കുകയായിരുന്നു അപ്പൊ ഈ വിശ്വാസം എന്ത് വെച്ചാൽ വിശ്വാസം ത്തിന് ഈ വസ്തുതയുടെ അടുത്തേക്ക് നീങ്ങി നിൽക്കാതെ ഈ വികാരത്തിന്റെ അടുത്തേക്ക് കുറച്ചുകൂടെ ചേർന്ന് നിന്നു നമ്മൾ എപ്പോഴും വികാരത്തിന്റെ അടുത്തോട്ടാണ് ചേർന്ന് നിൽക്കുന്നത് അപ്പൊ വികാരത്തിന്റെ അടുത്തോട്ട് ചേർന്ന് നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വികാരമുണ്ട് താഴെ വീണ് പെട്ടെന്ന് വികാരത്തിനാകെ പ്രയാസം തോന്നി മൂഡ് ഓഫ് ആയി ആകെ താഴോട്ട് വീണ് കുഴിയിലോട്ട് വീണ് കുഴിയിലോട്ട് വീണ് ഉടനെ അടുത്ത് വിശ്വാസമാണ് ഉടനെ വിശ്വാസവും പിന്നെ കയറി പിടിച്ചു വിശ്വാസത്തെ കയറി പിടിച്ചപ്പോണ്ട് വിശ്വാസവും താഴേക്ക് പോയി അപ്പോൾ വികാരം താഴേക്ക് പോയി വിശ്വാസം വികാരം താഴേക്ക് പോയപ്പോൾ വികാരം കയറി വിശ്വാസത്തെ പിടിച്ച് വികാരം വിശ്വാസമാണെങ്കിൽ വികാരത്തിന്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് അവനും കുഴിയിലേക്ക് പോവാൻ തുടങ്ങിയപ്പോ അപ്പൊ നോക്കിയപ്പോ ഫാക്ട് വസ്തുത ഒരു മാറ്റവും വസ്തുത മുമ്പിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു വസ്തുതയ്ക്ക് നോക്കുമ്പോണ്ട് ഇതാ ആദ്യം വികാരം താഴെ പോയി അത് കഴിഞ്ഞ് താഴേക്ക് പോയി അപ്പോ വികാരം തുടർന്ന് പെട്ടെന്ന് വിശ്വാസം നേരെ വസ്തുതയുടെ മുകളിലേക്ക് കൈപിടിച്ച് അപ്പോ വികാരം നേരെ വിശ്വാസത്തെ കൈപിടിച്ച് അപ്പോ വസ്തുത വിശ്വാസത്തെയും വിശ്വാസം വികാരത്തെയും വലിച്ച് നേരെ മതിലിന് മുകളിൽ കയറ്റി അവർ വീണ്ടും യാത്ര തുടർന്നു നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നോക്കിയാൽ ഇതല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതല്ലേ സംഭവിക്കുന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രണ്ടൊരു ഉപയാസം അല്ലെങ്കിൽ പറഞ്ഞു അല്ലെങ്കിൽ ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഉടനെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരും നമ്മുടെ കുഞ്ഞു സഹോദരിമാരും ഒക്കെ പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഉടനെ ആകെ അങ്ങ് തളർന്നു നിരാശപ്പെട്ടു വിഷമമായി വിഷമമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് കൂട്ടത്തിൽ പോയി അത് ദൈവവചനം ദൈവവചന സത്യങ്ങൾ കർത്താവ് വചനം കർത്താവിന് തെറ്റുപറ്റുന്നില്ല കർത്താവ് സർവശവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സൗകര്യം നന്മയ്ക്കായിട്ട് കൂടി ഈ തെറ്റിദ്ധാരണയും എന്റെ നന്മയ്ക്കാണ് ഈ കാര്യത്തിലൂടെ ഇതൊക്കെയാണ് ദേവോചന സത്യങ്ങൾ ദേവവോചന സത്യത്തിലേക്ക് ഞാൻ എന്റെ കണ്ണുനോക്കും കർത്താവ് എനിക്ക് ഞാൻ ഈ വികാരത്തിനടിവപ്പെട്ട് ഞാനിങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോ നമ്മുടെ സൗഹരന്മാരും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വികാരക്ഷോഭം വരുമ്പോ ദേഷ്യം വരുമ്പോ നമ്മൾ എക്സ്ക്യൂസ് പറയും അത് ഞാനും എൻ്റെ കുടുംബ കുടുംബമായിട്ടേ ഇങ്ങനെ നമ്മളിങ്ങനെ എക്സ്ക്യൂസ് ഒന്നും പറയാതെ ദൈവമേ ഞാൻ എൻ്റെ വികാരത്തിന് അടിമപ്പെട്ട് ഞാൻ ആ രീതിയിൽ മുമ്പോട്ട് പോകുന്നില്ല ഞാൻ നിന്റെ വസ്തുത ന്യായ പ്രമാണത്തിനല്ല കൃപക്ക് എത്രയെ അധീനരാകിയാൽ പാവം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല എന്നുള്ള ദൈവവചനത്തിന്റെ വസ്തുതയാണ് അങ്ങനെയെങ്കിൽ എനിക്ക് ഇതിനൊരു എക്സ്ക്യൂസ് ഇല്ല അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ച് വസ്തുതയിലേക്കാണ് നമ്മൾ തിരികെ തിരികെ വരേണ്ടത് നമ്മുടെ കണ്ണിനെ നോക്കുക നോക്കുമ്പോൾ അപ്പോ വിശ്വാസം കൂടുതൽ ചേർന്ന് നടക്കേണ്ടത് വികാരത്തിനോടല്ല ചേർന്ന് നടക്കേണ്ടത് വിശ്വാസം ചേർന്ന് വസ്തുതയോട് ചേർന്ന് നടക്കുക വസ്തുതയോട് ചേർന്ന് വിശ്വാസം നടക്കുമ്പോ വികാരവും ആ വിശ്വാസത്തോട് ചേർന്ന് നടക്കുക അപ്പൊ നമ്മൾ അങ്ങനെ മുമ്പോട്ട് നമുക്ക് പോയിക്കൊണ്ടേയിരിക്കും നല്ലൊരു വളരെ നല്ല ചിത്രമാണ് പ്രത്യേകീയ കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ നമുക്ക് എപ്പോഴും ഓർക്കാനും നമുക്ക് ഈ വാക്യം നല്ലതാണ് അപ്പോ നമ്മളിപ്പോൾ നമുക്ക് ഉള്ളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുകയും നമുക്ക് വിശ്വാസത്തിൻ്റെ ഉറപ്പുണ്ടായാൽ മാത്രം പോരാ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സാന്തര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ അധികം പറയാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് വിശദമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയും നമ്മൾ മാത്രം പോരാ നമ്മൾ വിശ്വാസം നമ്മൾ ഏറ്റു പറയുകയും ചെയ്യണം കൺഫെഷൻ ഓഫ് അവർ ഫെയ്ത്ത് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഏറ്റുപറയണം അപ്പോൾ നമ്മൾ വിശ്വാസത്തെ ഏറ്റുപറയണമെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മീറ്റിങ്ങിലൊക്കെ സാക്ഷ്യം പറയണം എന്നൊക്കെ പറയുന്നത് സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് കുറവുകളുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു നിരാശയുടെ അല്ലെങ്കിൽ ഒരു പഴയ പാട്ടല്ല എന്നാൽ ദൈവം എൻ്റെ പാപുകളെ ക്ഷമിച്ചു കർത്താവ് എന്നെ വിടുവിക്കും കർത്താവ് എന്നെ സഹായിക്കും ഇത് വിശ്വാസത്തിന്റെ വാക്കുകളാണ് ദൈവം എന്നെ സഹായിക്കും ദൈവം എന്നെ ശക്തീകരിക്കും അപ്പൊ നമ്മൾ റോമാലയ ഇനത്തിൽ നമ്മളിവിടെ വായിക്കുന്നത് പത്താം അധ്യായത്തിന്റെ ഒമ്പതും പത്തും വാക്യങ്ങൾ അവിടെയും നമ്മൾ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ യേശുവിനെ കർത്താവ് എന്ന് വായ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അവ രക്ഷിക്കപ്പെടുന്നതിനെ പറയുമ്പോൾ അവിടെ വായ് കൊണ്ട് വിശ്വസിക്കുക മാത്രമല്ല ഹൃദയം വിശ്വസിച്ച് വായ് കൊണ്ട് എന്ന് പറയുന്നുണ്ട് രക്ഷിക്കപ്പെടുമ്പോ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക മാത്രമല്ല ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ആളുകളോട് അയ്യോ എനിക്കെങ്ങനെയാണ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് കർത്താവിനെ സഹായിക്കും കർത്താവിനെ ശക്തീകരിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ അതും നമ്മുടെ ഉള്ളത്തിൽ നിന്ന് നമുക്ക് ഉയരണം നമ്മള് വെളിപ്പാട് ഉസ്തവം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം അത് നമുക്ക് പരിചയമുള്ള വാക്യമാണ് വെളിപ്പാട് ഉസ്തവം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം അവിടെ സത്താനെ അപവാദിയായ പിശാജിനെ ജയിക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നു അത് എങ്ങനെയാണ് ജയിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായും അപവാദിയായ സത്താനെ ജയിച്ചു അപ്പോ സാക്ഷ്യവചനം അപ്പൊ വചനം ഏറ്റു പറയും യേശുക്രിസ്തു രക്തത്താൽ കഴിവപ്പെട്ടു അത് മാത്രമല്ല വീണ്ടും പിശാജ് വരുമ്പോ പിശാജി നിനക്ക് എന്റെ മേലൊരു അവകാശമില്ല ഞാൻ യേശുവിന്റെ ഞാൻ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകനാണ് അത് എൻ്റെ ജീവിതത്തിൽ തെറ്റുണ്ടായിരുന്നു പക്ഷേ കർത്താവിൻ്റെ രക്തം എൻ്റെ തെറ്റുകളെ കഴുകി എന്നെ ശുദ്ധീകരിച്ചു എനിക്ക് നിനക്ക് എൻ്റെ മേലെ അവകാശമില്ല നമ്മൾ ഏറ്റു പറയണം സാക്ഷ്യവചനം നമ്മൾ മീറ്റിങ്ങിൽ സഭാമധ്യെ നമ്മൾ എഴുതേറ്റ് അത് പറയണം ഓക്കെ അപ്പൊ വിശ്വാസത്തെ ഒരു കാര്യവും കൂടെ നമുക്ക് പറഞ്ഞ് നമുക്ക് ആ നമുക്ക് അവസാനിപ്പിക്കാം അതുമാത്രമല്ല നമുക്ക് നാം നീതീകരിക്കപ്പെടുന്നതും ഈ വിശ്വാസം മൂലമാണ് നീതീകരിക്കുന്നതും പെടുന്നതും നമ്മുടെ വിശ്വാസം മൂലമാണ് അപ്പോൾ നമ്മൾ റോമാലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നും രണ്ട് വാക്യങ്ങളിൽ ഒന്നാം വാക്യം പ്രത്യേകിച്ച് അതാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ നേരത്തെ മോള് പറഞ്ഞ വാക്യം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട് അപ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സമാധാനം അത് നമുക്ക് വരുന്നത് നാം വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത് നമ്മുടെ ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമാണ് അപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതും വളരെ വളരെ വളരെ അത്ഭുതകരമായ ഒരു സത്യമാണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നു ദൈവം നന്നെ നീതീകരിക്കുന്നു ദൈവത്തിന്റെ എലക്ഷൻ എലക്ഷനും ജസ്റ്റിഫിക്കേഷനും വളരെ വളരെ മനോഹരമായ അതായത് നമ്മൾ ഇതിനെ മുമ്പോട്ട് പോവുകയാണ് മുമ്പോട്ട് പോകുമ്പോ നമ്മള് ഒരു വാതിൽ ആ വാതിലിൽ ഇപ്പോ നമ്മൾ ഈ വാക്യം ഒരുപക്ഷെ നമ്മൾ കാണുന്നു വിശ്വാസത്താൽ നീ നീതീകരിക്കപ്പെടുന്നു അപ്പൊ ഞാൻ ആ വാതിൽ വഴി വിശ്വാസത്താൽ ഉള്ള നീതീകരണത്തിന്റെ വാതിലിലൂടെ കർത്താവിന്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെട്ട് ഞാൻ ശ്രദ്ധീകരിച്ച് എന്റെ പാപങ്ങളൊക്കെ കഴിഞ്ഞ പാപങ്ങളെല്ലാം ദൈവം മായ്ശികളഞ്ഞു എന്ന് മാത്രമല്ല ദൈവം എന്നെ കാണുന്നത് ഒരു പാപവും ചെയ്യാത്തവനായി യേശുക്രിസ്തുവിനെ കാണുന്നത് ദൈവം എന്നെ കാണുന്നു ഒരു പാപവും ചെയ്യാത്തവനായി അതാണ് നമ്മൾ നീതീകരിക്കപ്പെടുക എന്ന് പറയും അപ്പൊ നീതീകരിക്കപ്പെട്ട് നമ്മളെ വാതിലിനകത്തോടെ അകത്തേക്ക് കയറുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആ വാതിന്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് ലോകസ്ഥാപനത്തിനു മുമ്പേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു അമ്മയുടെ ഉയരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടരും അപ്പോൾ ദൈവം നമ്മെ മുന്നമേ തെരഞ്ഞെടുത്തു പക്ഷേ എന്നാലും നാം ഈ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ വഴി കണ്ടെത്തുന്നത് നമ്മൾ വിശ്വാസത്താൽ നാം ആ കണ്ണ് കൃഷിങ്കിലേക്ക് ഉയർത്തി ഞാൻ അനുതാപത്തോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നാം ചെല്ലുമ്പോൾ നാം കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല അവിടുന്ന് നമ്മെ നീതീകരിക്കുന്നു അപ്പൊ അതൊരു വളരെ പ്രത്യേകിച്ച് പലപ്പോഴും ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം അവർക്കുണ്ടാകുന്ന നിരാശയുടെ ഒത്തിരി കാരണം അവര് ഒരുപക്ഷെ അനുധരിച്ചു ദൈവത്തിൽ വിശ്വസിച്ചു എന്നാലും ഈ കഴിഞ്ഞ കാലത്തെ ചില പാപങ്ങൾ അവരെ ഹോണ്ടെയ്യുന്നു അവരെ അവരെ ഇങ്ങനെ വിട്ടുവിടാതെ പിശാചി വീണ്ടും അവരെ ഓർമ്മിപ്പിച്ച് അവരെ തളർത്തിക്കളയും അപ്പൊ ഞാൻ അനുദരിച്ച് ഞാൻ ഏറ്റുപറഞ്ഞ് ഞാൻ ഉപേക്ഷിച്ച ഒരു പാപമാണെങ്കിൽ അത് കർത്താവ് അത് ഓർക്കുന്നില്ല അവനത് സമുദ്രത്തിന്റെ അടിയിലേക്ക് ഇട്ട് കളഞ്ഞു എന്ന് മാത്രമല്ല അവിടെ നിന്ന് ഇപ്പോൾ ഇന്ന് എന്നെ കാണുമ്പോൾ ഇതുവരെ ജീവിതത്തിൽ ഒരു പാപവും ചെയ്യാത്തവനായിട്ട് ദൈവം എന്നെ കാണുന്നു എന്നുള്ളത് നമ്മെ വളരെയധികം നമ്മെ വിടുവിക്കുന്ന ഒരു സത്യമാണ് അപ്പോ നമുക്ക് അതിനെ വേണമെങ്കിൽ എങ്ങനെ പറയാം ഗോഡ്സ് ദ പെർഫെക്റ്റ് റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റ് ടു ആർ ക്രെഡിറ്റ് ആൻഡ് ആർ സ്റ്റാൻഡിങ് ബിഫോർ ഗാഡ്സ് ആസ് പെർഫെക്റ്റ് ആസ് ദാറ്റ് ഓഫ് ക്രൈസ്റ്റ് അപ്പോ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ആ പൂർണ്ണ നീതി അവൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് ദൈവം ഇടുന്നു നാം ദൈവത്തിന് മുമ്പാകെയുള്ള നമ്മുടെ നിലപാട് അത് ക്രിസ്തുവിന്റെ നിലപാട് പോലെ നമുക്കും ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന് മുമ്പിൽ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയും അപ്പോ നമുക്ക് നമ്മുടെ ഒരു നീതിപ്രവർത്തയും പ്രിയ സൗരിസന്മാരെ നമുക്ക് ദൈവത്തിന് മുമ്പാകെ അത് കറവരണ്ട തുണി പോലെയാണ് എന്ന് എസ് അവൻ്റെ അറുപത്തിനാലാം അധ്യായത്തിന്റെ ആറാം ബാക്കിയതിൽ വായിക്കുന്നുണ്ട് ദൈവത്തിന് മുമ്പാകെ അത് നമ്മുടെ ഒരു നീതിപ്രവർത്തനം കൊണ്ടും നമുക്ക് നിൽക്കുവാനായിട്ട് കഴുകുകയില്ല അവന്റെ രക്തത്താൽ കഴിവപ്പെട്ട് നാം നീതീകരിക്കപ്പെട്ട് അതിലൂടെ മാത്രമാണ് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുക അതുകൊണ്ട് നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം നീതീകരിക്കപ്പെട്ടവരാണ് എന്നുള്ള ഈ സത്യം പിശാജിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും നമ്മെ വിടിവെക്കുവാൻ പര്യാപ്തമായ സത്യമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അനിതാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി യഥാർത്ഥ അനിതാപ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഇത് രണ്ടും നമുക്ക് രക്ഷിക്കപ്പെടുന്ന സമയത്ത് മാത്രമല്ല നമുക്ക് ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് തുടർമാനമായ വിശ്വാസ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് നാം നമ്മുടെ വികാരങ്ങൾ കടിമപ്പെട്ട് വീണുപോകാതെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉയർത്തി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നാം മുമ്പോട്ട് പോകണം വസ്തുതയുടെ ദൈവം സത്യങ്ങളുടെ മുമ്പാകെ നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും ഇങ്ങനെ പരിശുദ്ധത്മാവിന്റെ ഏർ ചില വാക്യങ്ങളും പെട്ടെന്ന് നമുക്ക് ഒന്നിച്ച് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറയുകയുണ്ടായി നമുക്ക് രക്ഷിക്കപ്പെടാനായിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തുന്നത് ലോകത്തിന് ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ പാപബോധം വരുത്തുക മാത്രമല്ല നമുക്ക് നമ്മുടെ മുമ്പോട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമ്മെ ശക്തി പകരുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നീഡ്സാണ് രണ്ടാവശ്യങ്ങൾ ഒന്ന് നമ്മുടെ പാപത്തിന്റെ ക്ഷമ അത് നമ്മുടെ കഴിഞ്ഞകാല പാസ്റ്റിനെ കുറിച്ച് കുറിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചത് നമുക്ക് ലഭിച്ചത് നവമാനസ്വാതൃപ്പെട്ട് അനുതാപത്തോടെ വിശ്വാസത്തോടെ കൃഷിയിലേക്ക് മാം നോക്കിയപ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് പാപക്ഷമ നമുക്ക് ലഭിച്ചു എന്നാൽ ഇന്ന് നമുക്ക് മുമ്പോട്ട് നോക്കുമ്പോ നമുക്ക് കർത്താവിനെ പ്രിയപ്പെടുത്തിക്കൊണ്ടുള്ള പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിനാവശ്യമായിട്ടുള്ള ശക്തി നമുക്ക് വേണം അതെവിടുന്നോ നമുക്ക് ലഭിക്കുന്നത് അതും പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത് അല്ലെങ്കിൽ രണ്ട് വാക്ക് വാക്ക് വാക്കുകൾ പരിശുദ്ധാത്മാവിനാലുള്ള വീണ്ടും ജനനം പരിശുദ്ധാത്മാവിനാൽ നമുക്കൊരു വീണ്ടും ജനനം നമുക്ക് ലഭിക്കുന്നു അതുമാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് ബാപ്റ്റിസം അല്ലെങ്കിൽ ഇമോഷൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു അപ്പൊ ഇത് രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് ഇവിടെയിരിക്കുന്നത് മിക്കവാറും ആളുകൾ എന്ന് ഞാൻ ചിന്തിക്കുന്നു ഇല്ല നിങ്ങൾ ഞാൻ ഈ കേട്ട ദേവോചനത്തിന്റെ നമ്മളിപ്പോൾ കേട്ട ദേവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള മാനസാന്തരത്തിലൂടെ അനുതാപത്തിലൂടെ നാം നമ്മുടെ ഈച്ഛയെ നമുക്ക് കാര്യങ്ങളെ ക്രമപ്പെടുത്താനുള്ള തീരുമാനത്തോടു കൂടെ നമ്മൾ ഇന്ന് തീരുമാനിച്ച് ക്രോക്രോസിംഗിലേക്ക് വിശ്വാസത്തോടെ നോക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ആ രക്ഷ ഇന്ന് നമുക്ക് പാപങ്ങൾ ക്ഷമിച്ച് കർത്താവ് നമ്മെ രക്ഷിക്കും എന്നാൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട സഹോദരി സൗകര്യന്മാര് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്ട്രഗിൾ പല സാഹചര്യങ്ങളിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ശക്തിയില്ല അപ്പൊ അത് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നമ്മെ ശക്തീകരിക്കും എന്ന ദൈവവചനത്തിൽ അത് നമുക്ക് പുതിയ നിയമത്തിലെ ഒരു വാഗ്ദത്വമാണ് അത് നമ്മുടെ ബർത്ത് റൈറ്റ് ആണ് നമ്മുടെ വാഗ്ദത്വമാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം നമുക്ക് ഇതിനുള്ള ഈ ചില വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം പരിശുദ്ധാത്മാ പ്രാധാന്യം നമുക്ക് കാണാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് നോക്കാം യേശുവിന്റെ രണ്ട് ശുശ്രൂഷകൾ യേശുവിന്റെ രണ്ട് ശുശ്രൂഷകളെ കുറിച്ച് നമ്മൾ ഈ സുവിശേഷം യോഹനാൻ ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഒന്നാമത് എന്താ പറഞ്ഞിരിക്കുന്നത് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ബിഹോ ഓഫ് ഗോഡ് ഹു ടേക്സ് ഓഫ് ദ വേൾഡ് അപ്പോ യേശുവിന്റെ ആദ്യത്തെ ശുശ്രൂഷ എന്താണ് നമ്മുടെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മുടെ പാപത്തെ ക്ഷമിക്കുന്നു നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ നൽകുന്നു രണ്ടാമതായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് നമ്മളെ യോഗന ഒന്നിന്റെ മുപ്പത്തി മൂന്നിൽ നമ്മൾ എന്താ വായിക്കുന്നത് ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഉറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു അപ്പോ രണ്ടാമത്തെ യേശുവിൻ്റെ ശുശ്രൂഷയായിട്ട് പറഞ്ഞിരിക്കുന്നത് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുതിയ നിയമത്തിലെ ഒന്നും രണ്ടാമത്തെയും വാഗ്ദത്വങ്ങൾ എന്താണെന്ന് നോക്കുക പുതിയ നിയമത്തിലെ ഒന്നാമത്തെ വാഗ്ദത്വം എന്താണ് രണ്ടാമത്തെ വാഗ്ദവം എന്താണ് പുതിയ നിയമത്തിലെ ഒന്നാമത്തെ വാഗ്ദത്വം നമ്മുടെ മത്തായി ഒന്നിന്റെ ഇരുപത്തി ഒന്നിൽ എന്താണ് വായിക്കുന്നത് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടേണം അപ്പൊ ഒന്നാമത്തെ വാഗ്ദത്വം നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കും അതുകൊണ്ടാണ് യേശു എന്ന് പേരിടേണം രണ്ടാമത്തെ ഭാഗ്യത്വം എന്താണ് രണ്ടാമത്തെ ഭാഗ്യത്വം മത്തായി മൂന്നിന്റെ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും അപ്പൊ രണ്ടാമത് പറഞ്ഞിരിക്കുന്നു അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും എന്ന് പറഞ്ഞിരിക്കും നമ്മൾ പുതിയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളെടുക്കുക ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ എടുത്താൽ ഈ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളിലും അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന വാഗ്ദത്വം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കും എന്നുള്ളതാണ് നമ്മൾ മത്തായി മൂന്നിന്റെ പതിനൊന്ന് നമ്മൾ വായിച്ചു മർക്കോസ് ഒന്നിന്റെ എട്ടില് ഗ്ലൂക്കോസ് മൂന്നിന്റെ പതിനാറ് യോഗന്നാൽ ഒന്നിന്റെ മുപ്പത്തി മൂന്നിലെല്ലാം ഈ യോഗനാൻ പറയുന്ന ഈ കാര്യം അവിടെ പരാമർശിക്കുന്നു അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിക്കും എന്നവിടെ പറയുന്നു അപ്പോസ ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം അവിടെ യേശുക്രിസ്തു പറയുന്നു യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ അല്പ അധിക നാളുകൾ മുമ്പേ നിങ്ങൾ పరిశుద్ధాత్మవినై నిరీయపడు జీసస్ చెప్పసన్ దట్ యు విల్ బి బాప్టైజ్డ్ విత్ ది హోలీ స్పిరిట్ నాట్ మెనీ డేస్ ఫ్రమ్ నౌ కొర్చే naalukku kayyumbo parisuddhaathmaavināl nīmalkku ulla niravu nīmalkku lebikkum appo nammal ee parisuddhaathma niravane kurichu nammal velipaadu visheshathilum apostle pravartigalilum okke nammal vaaikkunnundu appo idu vaaikkumbō velipaadu prastham 22nd adhyayathinte onna vaakiyam apostle pravartigal randinte 33il okke nammal vaaikkumbō adu deiva simhasanathilennum പുറപ്പെട്ട് ഒഴുകിവരുന്ന ഒരു നദിയായിട്ട് അതിനെ പരാമർശിക്കുന്നുണ്ട് ഒരു നദിയായിട്ട് ഒഴുകിവരുന്ന ഒരു നദിയായിട്ട് അപ്പോ ചില പ്രവൃത്തികൾ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ പകരും പകരുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കും അപ്പോ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് എന്ന് പറയുന്നത് ഇനീഷ്യലായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയിലൂടെ നമുക്കുണ്ടായ രക്ഷയ്ക്കപ്പുറത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു ഒഴുക്ക് എന്റെ മുമ്പിൽ ആ നദിക്ക് മുമ്പിൽ ഞാൻ നിൽക്കുകയും ഞാൻ പൂർണമായി ആ നദിയിൽ മുങ്ങപ്പെടുകയും ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് ദൈവവചനം പറയുന്നത് നമുക്ക് ആ വാക്യം മാത്രം നമുക്ക് നോക്കാം യോഹനൻ ഏഴാം അധ്യായം ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തിയേഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യോഹനൻ ഏഴിൻ്റെ മുപ്പത്തിയേഴ് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു ഇതെന്തിനെ കുറിച്ചാണ് പറഞ്ഞത് അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് അപ്പോ ആത്മാവിനെ കുറിച്ച് യേശു ഇങ്ങനെ പറഞ്ഞു അപ്പോ അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദാഹം വിശ്വാസം നമുക്ക് പ്രശുദ്ധ ആത്മാവിന്റെ ഈ നിറവ് നമുക്ക് വേണമെങ്കിൽ ദാഹത്തോടെ വിശ്വാസത്തോടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻസൊക്കെ നമ്മളെ അനുതാപവും വിശ്വാസവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് നാം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടു ഈ രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എന്നിട്ട് തുടർന്ന് ദാഹത്തോടെ വിശ്വാസത്തോടെ കർത്താവേ എനിക്ക് ഈ ക്രിസ്ത്യൻ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ടുള്ള ശക്തി എനിക്ക് പല സാഹചര്യങ്ങളിലും ഇല്ല എനിക്ക് അങ്ങനെ ശക്തി എനിക്ക് വേണം കർത്താവെ എന്നെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്നെ ശക്തീകരിക്കണമേ എന്ന് പറഞ്ഞ് ദാഹത്തോടെ വിശ്വാസത്തോടെ നാം ദൈവത്തിനെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്ക് ആ രീതിയിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ലഭിക്കും എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു ശിഷ്യന്മാർക്കും യേശുവിനുമൊക്കെ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് അല്ലെങ്കിൽ ആ എൻജോമെന്റ് പരിശുദ്ധാത്മാവിന്റെ നിറവ് എൻജോമെന്റ് ഓഫ് പവർ അവർക്കൊക്കെ വേണമായിരുന്നു ഉണ്ടായിരുന്നു യേശുവിനെ തന്നെ നമ്മൾ വായിക്കുന്നത് അപ്പോസിറ്റി പ്രവൃത്തികൾ പത്താം അധ്യായത്തിന്റെ മുപ്പത്തി എട്ടാം വാക്യം യേശു ഈ ഭൂമിയിൽ ജീവിച്ചു പക്ഷേ യേശു തന്റെ പരസ്യ ശുശ്രൂഷ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അവിടെ നമ്മൾ വായിക്കുന്നത് അ പുസ്തക പ്രവൃത്തികളിൽ പത്താം അധ്യായത്തിന് മുപ്പത്തി എട്ടാം വാക്യം നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു പരിശുദ്ധത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു അപ്പോൾ ശക്തീകരിക്കുന്ന ഒരു ഒരു ശുശ്രൂഷയ്ക്കായിട്ടുള്ള ശക്തീകരിക്കുന്ന ഒരു അനുഭവം യേശുവിനുണ്ടായിരുന്നു അതിനെ തുടർന്ന് യേശു പല അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് മുമ്പോട്ട് പോയി എന്ന് നമ്മളവിടെ വായിക്കുന്നു നമ്മൾ ശിഷ്യന്മാരെ നമ്മൾ വായിക്കുക ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസ് ഇരുപത്തിനാലിന്റെ നാല്പത്തി ഒൻപതാം വാക്യം അവിടെ നമുക്ക് പഴയ വാഗ്ദത്വങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് യേശു ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി നഗരത്തിൽ പാർക്കുകയും നിങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് ശക്തി നിങ്ങൾക്ക് ആവശ്യമാണ് അത് ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങൾ നഗരത്തിൽ പാർക്കണം എന്ന് പറയുന്നു അപ്പോൾ ഒന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ ഇത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വീണ്ടും അവിടെ വാഗ്ദത്വമായിട്ട് പറയുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരുസ്ലേമിലും യൂതിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ ശക്തി പകരപ്പെടുന്ന ശക്തി ലഭിക്കുന്ന കർത്താവിൻ്റെ സാക്ഷിയാകുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്ന ഒരു രണ്ടാമത്തെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ഈ ദേവദാനത്തിലൊക്കെ വായിച്ചത് സൗരന്മാരെ സഹോരിമാരെ നമുക്ക് ഈ ഒരു ആഗ്രഹവും താല്പര്യവും നമ്മുടെ വെള്ളത്തിലുണ്ടോ നമുക്ക് എങ്ങനെയാണിത് ലഭിക്കുക നമ്മൾ ആ ശിഷ്യന്മാർ ആ രീതിയിൽ അവരന്വേഷിച്ചു അവർ കാത്തിരുന്നു അവർ ദാഹിച്ചു അത് ആപ്പസ്പോർത്തുക രണ്ടാം അധ്യായം ഒന്നാം ഒന്നാം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി അന്യഭാഷകളിൽ സംസാരിച്ചു എന്നൊക്കെ നമ്മൾ അവിടെ നമ്മൾ വായിക്കുന്നു ഓപ്പോസിറ്റിൽ പ്രവർത്തിക്കും രണ്ടും ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ലഭിക്കുക നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ദാഹവും വിശ്വാസവും നമുക്ക് വേണം അത് മാത്രം പോരാ നമുക്കൊരു അന്വേഷണം നമുക്ക് വേണം നമ്മള് അന്വേഷിക്കണം നമ്മൾ അന്വേഷിക്കണം നമ്മൾ ചോദിക്കണം നമ്മള് അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യണം നമ്മൾ ലുക്കോസ് പതിനാലിന്റെ സോറി പതിനൊന്നാം അദ്ദേഹത്തിന്റെ പതിമൂന്നാം വാക്യം നമ്മൾ വായിക്കുന്നത് അവിടെ മുട്ടണം നമ്മള് അന്വേഷിക്കണം മുട്ടിക്കൊണ്ടേയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ പറയുന്നത് സർഗസ്വനായ പിതാവ് തന്നോട് ആചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നതെങ്കിൽ നമ്മൾ ആ ഭാഗം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ചോദിച്ചാൽ അപ്പം തരുന്നവനാണ് അപ്പം ചോദിക്കുമ്പോൾ കല്ല് തരത്തില്ല മുട്ട ചോദിക്കുമ്പോൾ തേടനെ തരല്ല മീനിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുകയില്ല ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സർവസ്വനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് അപ്പൊ നമ്മളെ യാചിക്കണം നമ്മൾ ചോദിക്കണം ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും വിശ്വാസത്തോടെ നമ്മൾ ചോദിക്കണം ൂബിന്റെ ലേഖനം നാലാം അധ്യായത്തിന് രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമുക്ക് ലഭിക്കാത്തതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ യാചിക്കണം നമ്മൾ ചോദിക്കണം അപ്പൊ ചോദിക്കുമ്പോഴും നമ്മളൊരു ഒരു ഉള്ളത്തിൽ ഉദാഹത്തോടെ അന്വേഷണത്തോടെ നമ്മൾ ചോദിക്കണം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവെ ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്ന ഈ മനോഭാവത്തോടെ നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് കർത്താവേ എനിക്ക് അനേക നാളുകളായി എൻ്റെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുന്നു എവിടെയാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലെ പ്രശ്നം യഥാർത്ഥത്തിലുള്ള ഒരുപക്ഷെ യഥാർത്ഥത്തിൽ ഉള്ള രക്ഷയുടെ അനുഭവം തന്നെ എൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ കർത്താവ് ഇന്ന് ഞാൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുവാൻ അങ്ങയുടെ വചനപ്രകാരം ശരിയായ മനോഭാവത്തോടെ യഥാർത്ഥ മാനസ്വാദര്യത്തോടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തോടെ ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു എനിക്ക് നാം രക്ഷിക്കപ്പെട്ടു പക്ഷെ തുടർന്നുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം മാനസാന്തരവും വിശ്വാസവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയും നമുക്ക് ഗൗരവമായിട്ട് എടുക്കാത്തവരാണെങ്കിൽ നമുക്കിന്ന് വീണ്ടും കർത്താവെ എനിക്ക് ഞാൻ തുടർമാനമായി മാനസാന്തരപ്പെടുന്ന തുടർമാനമായി വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായിട്ട് എന്നെ തന്നെ വിധേയപ്പെടുത്തി ഒരു വ്യക്തിയായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് വേണം കർത്താവെ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു ഞാൻ മുട്ടിക്കൊണ്ടുപോയി ഇരിക്കും എനിക്കില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് നാം ദൈവത്തോട് നാം ചോദിക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് യോഗേൽ പ്രവചനത്തിൽ നമുക്ക് അറിയാവുന്ന ഭാഗമാണ് നമുക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും യോഗയിൽ പ്രവചനം അവിടെ വളരെ തുളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കളി തിന്നും വെട്ടുക്കളി ശേഷിപ്പിച്ചത് വെട്ടിൽ തിന്നും വെട്ടിൽ ശേഷിപ്പിച്ചത് ഒരു വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നു യോഗയിൽ ഒന്നാം അധ്യായം വയൽ ശൂന്യമായി തീർന്നു ധാന്യം നശിച്ചു പുതുവിഞ്ഞ വറ്റി എണ്ണ ക്ഷയിച്ചു പോയിരിക്കുന്നു പത്താം വാക്യം ഇങ്ങനെയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇതാ ദൈവം അവരുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അവർക്കുള്ളിൽ ഒരു അനുതാപം ഉണ്ടാവുന്നു മാനസാന്തരം ഉണ്ടാവുന്നു എന്നിട്ട് അവരോട് പറയുന്നു നാൽപ്പത്തിരണ്ടാം യഹോയുടെ നാൽപ്പത്തി രണ്ടാം വാക്യം രണ്ടാം അദ്ദേഹത്തിന്റെ നാല് പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിയുകയും എന്ന കൂടെ എളപ്പാട് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായി ഹോരടുത്തലേക്ക് തിരിയുകയും അവൻ കൃപയും കരുണയും ദുർഗക്ഷമയും മഹാദേവിയും ഉള്ളവനല്ലോ എന്ന് പറഞ്ഞ് ഒരു അനുതാപത്തിനായിട്ടുള്ള ഒരാഹ്വാനം അങ്ങനെ അനുഭവിച്ച് കഴിയുമ്പോൾ വീണ്ടും വിശ്വാസത്തിൻ്റെതായിട്ടുള്ള പല വചനങ്ങൾ നമ്മൾ അവിടെ കാണുന്നു അവിടേതാ ദേശമേ ഭയപ്പെടേണ്ട രണ്ടാമത്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യം അവിടെ ഇരുപത്തി മൂന്നാം വാക്യം അവൻ മുമ്പത്തെ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിൻമഴയുമായ വർഷം പെയ്ച്ചു തരും തരുന്നു എന്ന് നാം വായിക്കുന്നു ഇരുപത്തിനാല് കളപ്പുറകൾ ധാന്യം നിറയും ചക്കുകൾ എന്തുകൊണ്ട് കഴിയും എന്നിട്ട് വീണ്ടും വിശ്വാസത്തിൻ്റെതായ വചനങ്ങൾ നാം അവിടെ വായിക്കുന്നു അവരുടെ ഉള്ളം വിശ്വാസത്താൽ അവരുടെ ഉള്ളം ബലപ്പെടുന്നു ഇരുപത്തി വാക്യം വെട്ടിക്കളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴലും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും വാദ്യത്വങ്ങൾ അവരുടെ ഉള്ളത്തിൽ വിശ്വാസത്തെ ജ്വലിപ്പിച്ചു അവരെ ദൈവത്തെ കൂടുതൽ ആഴമായിട്ട് അന്വേഷിക്കാനായിട്ട് തുടങ്ങി അത് കഴിഞ്ഞിട്ട് നാം അവിടെ വായിക്കുന്നു അനുതാപത്തോടെ വിശ്വാസത്തോടെ ദൈവത്തെ അന്വേഷിച്ചു ഇതാ ഇരുപത്തിയെട്ടാം വാക്യം അതിനുശേഷമോ ഞാൻ സകല ജത്തിന് മുന്നേലും എൻ്റെ ആത്മാവിനെ പകരും അപ്പോൾ ആത്മാവിന്റെ പകർച്ചയെക്കുറിച്ചാണ് പിന്നീട് നമ്മളിവിടെ വായിക്കുന്നത് പുത്രന്മാരും പുത്രന്മാരും പ്രവേശിക്കുന്നു നിങ്ങൾ വൃദ്ധനും സ്വപ്നങ്ങളെ കാണും അപ്പോ ഒരു തണുത്ത തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജീവനും ചൈതന്യവുമുള്ള ഒരവസ്ഥയിലേക്ക് അനുതാപത്തിലൂടെ വിശ്വാസത്തിലൂടെ ഇതാ യോഗയിൽ പ്രവാചകൻ ആ പഴയ നിയമത്തിലെ ആളുകളെ നയിക്കും നമുക്കിന്ന് ആ രീതിയിൽ നമുക്ക് മഗ്ഗയുടെ പുസ്തകത്തിലുമൊക്കെ നമുക്കിത് കാണാനായിട്ട് കഴിയും ആ രീതിയിൽ തളർന്നിരിക്കുന്ന ആകെ ശുഷ്കിച്ചിരിക്കുന്ന ശോഷിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാനും ദാഹത്തോടെ വിശ്വാസത്തോടെ അവൻ്റെ അടുക്കലേക്ക് നാം നോക്കിയാൽ അവിടെ നിന്ന് നമ്മെ പരിശുദ്ധാത്മാതൻ്റെ ശാക്തീകരിച്ച് നമ്മെ മുമ്പോട്ട് നടത്തും നമുക്കിന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ അനേക ദൈവവചനങ്ങൾ നമ്മൾ കേട്ടു വളരെ പെട്ടെന്ന് നമ്മൾ ഒത്തിരി വചനങ്ങൾ കേട്ടു ഈ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസത്തെ ഉടലെടുക്കുവാനും വിശ്വാസത്തോടുകൂടെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം കർത്താവേ എനിക്ക് യഥാർത്ഥത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു അടിസ്ഥാനമുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട് എനിക്ക് മുമ്പോട്ട് പോകണം ഞാന് എനിക്കൊരു വർഷങ്ങളുടെ കണക്കിനപ്പുറത്ത് കർത്താവെ അങ്ങയോടുള്ള ഒരു ബന്ധം തുടർമാനമായ അനുതാപം തുടർമായ തുടർമാനമായ വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ തുടർമാനമായ ഒരു പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വേണം നമുക്കത് ആഗ്രഹിക്കാം ദൈവത്തോട് നമുക്ക് നമ്മുടെ ശബ്ദത്തെ ഉയർത്തി നമുക്ക് ദൈവത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നമുക്ക് ആവശ്യബോധത്തോട് ദൈവത്തോട് നമുക്ക് പറയാം കർത്താവ് നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന എന്തെങ്കിലും തെറ്റുകളാണ് ദൈവം ഓർപ്പിക്കുന്നതെങ്കിൽ നമുക്ക് കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായിട്ട് ഇന്ന് നമ്മുടെ ഒരു മനസ്സിനൊരു മാറ്റം വരട്ടെ നമ്മുടെ വികാരങ്ങളിൽ ഒരു മാറ്റം വരട്ടെ നമുക്ക് ദുഃഖവും പരിതാപവും ഉണ്ടാകട്ടെ അത് മാത്രമല്ല നമ്മുടെ ഇച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം കർത്താവ് ഞാൻ വീട്ടിൽ പോയി ഞാൻ ഈ കാര്യത്തിന് ക്ഷമ ചോദിക്കും ഞാൻ ഈ കാര്യത്തെ ഞാൻ ക്രമപ്പെടുത്തും ഈ കാര്യം ഞാൻ തിരിച്ചു കൊടുക്കും ദൈവമേ ആ രീതിയിൽ നമ്മുടെ നമുക്കൊരു പ്രവൃത്തി അനുതാപത്തിന്റെ പ്രവൃത്തി നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാവട്ടെ ഒരു പക്ഷേ നിങ്ങൾക്ക് നിരാശയും തളർച്ചയും ഒക്കെയാണ് നിങ്ങളുടെ ഉള്ളത്തിലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വികാരത്തിൽ അടിമപ്പെട്ട് മുമ്പോട്ട് പോയി വരുത്തിയാണെങ്കിൽ ഇന്ന് നിങ്ങൾ പറയുക കർത്താവേ അങ്ങയുടെ വളരെ സത്യങ്ങൾ അത് എന്റെ മാമേനമെന്നുമാണ് ഞാൻ ആ സത്യങ്ങളിൽ ആശ്രയിക്കും ഞാൻ എന്റെ കണ്ണ് വസ്തുതകളിലേക്ക് വസ്തുതകളിലേക്ക് ഞാൻ ഉയർത്തും വിശ്വാസത്തിന്റെ കണ്ണുകൾ ഞാൻ അങ്ങനേക്ക് ഞാൻ നോക്കും കർത്താവെ ഞാൻ എന്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഞാൻ ഇങ്ങനെ തളർന്ന് വീണ്ടും ഞാൻ താഴേക്ക് താഴേക്ക് ഞാൻ പോവുകയില്ല ദൈവമെ അങ്ങനെ സഹായിക്കണമേ വിശ്വാസത്തോടെ നമുക്ക് ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം പരിശുദ്ധാത്മാവിന്റെ ഒരു ചെറിയ ട്രിക്കേഴ്സ് ആണോ നമ്മുടെ ജീവിതത്തിലുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ജന്മത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ നൽകി എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു നിങ്ങൾ നിങ്ങളെ തന്നെ തുറക്കുമില്ല കർത്താവെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ജീവിതത്തിൽ ഇല്ലെങ്കിലും ദൈവവചനത്തിൽ ഇത്രയധികം പ്രാധാന്യം പരിശുദ്ധാത്മാവ നാം വായിക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ അനേക വാക്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് യേശു പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമായിരുന്നു ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമായിരുന്നു എന്നാൽ നമുക്ക് പരിശുദ്ധാത്മാവ് നിറവില്ലാതെ നാം വളരെ ലാഘവത്തോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് കർത്താവെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വേണ്ടി വേണം അങ്ങനെ അന്വേഷിച്ചില്ല കർത്താവെ ഞാൻ ആവശ്യബോധത്തോടു കൂടെ ദാഹത്തോടെ വിശ്വാസത്തോടെ അന്വേഷിച്ചില്ല പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് വേണം കർത്താവെ അതിനായിട്ട് ഞാൻ എന്തും ഏറെ എന്ത് വിലവെടുക്കുവാൻ തയ്യാറാണ് എനിക്ക് അങ്ങയുടെ നിറവ് എനിക്ക് വേണം ശക്തി ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല ദാഹത്തോടെ വിശ്വാസത്തോടെ ചോദിക്കുന്നുവെങ്കിൽ അപ്പം ചോദിച്ചാൽ അപ്പത്തെ കൊടുക്കുന്നവനാണ് പരിശുദാത്മാവിനെ ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ നൽകുന്നവനായ ഒരു നല്ല പിതാവ് നമുക്കുണ്ട് വിശ്വാസത്തിന്റെ വിശ്വാസം നമ്മുടെ ഉള്ളത്തിൽ ഒരുപാകട്ടെ പ്രിയമുള്ളവരെ ഹാലേലൂയ ഹാലേ ലുയ്യ ഹാലേലു നമുക്ക് ഈ ഒരു അനുഭാവത്തോടെ വിശ്വാസത്തോടെ നമുക്ക് ദാഹത്തോടെ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം വിശ്വാസത്തോടെ മുഖത്തേക്ക് നോക്കാം പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിക്കായിട്ട് പരിശുദാത്മാവിന്റെ നിറവിനായിട്ട് നമ്മൾ നമുക്ക് തുറന്നുകൊടുക്കാം